ഓം തസ്യംഭവ്യം തദപ്യോങ്ക ജാഗസ്ജ്ഞകോനവിശതിമുഖസ്തുഭാ പ്രഥമ പദ സ്വപ്നസ്ഥാനോനവിശതി മുഖ പ്രവിഭസോർ സോ മജനകം പശ്യത്തിന സശുപ്തീകൂതൈവാനന്ദമയൂഹ്യനന്ദഭേദോമുഖപ്രീയ പദ നന്ദ്രജം നോ ഭേദ പ്രജ്ഞം പ്രജ്ഞാനഘനന്ദ്യം അഗ്രാഹ്യം അലക്ഷണം അചിന്തി അമ്പിപ്രതേ സമേകാത്മപ്രത്യസാരം പ്രപഞ്ചോപനം ചാന്ം ശിവം അദ്വൈതം ചതുഥം മഞ്ഞന് സാത്മാവിജ്ഞേയ अकार प्रथम मात्र आधी म Urgency, था। था था था। तो तो dignity, <recme> ൈ സർവാൻ കാശ്ചോതിജസ ഉപാരോ ദ്ധീയം അത്ര ഉത്കർഷാ ഉഭയത് അഥവാ ഉത്കർഷ ദേഹ വൈ ജ്ഞാനസന്ധി സമാനശ്ചോതിയപീർവ <op ownership> വിനോദി ഭദം അപേക്ഷിശ്ശോധ മാത്രവഹാര പ്രപഞ്ചോപശമ ശിവദൈ മംഗാരാമ സംവിശതി ആത്മനേ ദശോ സന്തോ വിവ ലക്ഷി ഒരു വസ്തു ആദിയിലും അന്തത്തിനും അസത്താണെങ്കിൽ അതിന്റെ തുടക്കവും ഒടുക്കവും അസത്താണെങ്കിൽ വർത്തമാനേബി ഇപ്പോ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിലും അത് അസത്ത് തന്നെയാണ് പരമാർത്ഥത്തിൽ അത് നിലനിൽക്കുന്നില്ല എല്ലാ ഭ്രാന്തികളും അങ്ങനെയാണ് അങ്ങനെ ഒരു ഭ്രാന്തമായൊരു അനുഭവം ഉണ്ടായാൽ ആ അനുഭവത്തിന് മുമ്പ് അനുഭവത്തിന് ശേഷവും അത് നിലനിൽക്കുന്നില്ല അനുഭവത്തിന് മുമ്പും അനുഭവത്തിന് ശേഷം അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതനുഭവിക്കുമ്പോൾ നിലനിൽക്കുന്നു തോന്നിയാലും അത് പരമാർത്ഥമല്ല ആകാൻ വഴിയില്ല മരും മരീചിക്കുകയും പറ്റും അങ്ങനെയാണ് സദൃശമാണ് വിദേ സദൃശ അങ്ങനെ അനുഭവപ്പെടുന്നത് വിദധങ്ങളെപ്പോലെയാണ് വിദധം എന്ന് പറയുമ്പോൾ വരും മരിചിക്കുന്നത് സത്യം അല്ലെങ്കിലും സത്യം ഒന്ന് അനുഭവപ്പെടും അതിൻ്റെയും പ്രത്യേകത എന്താണോ വിദധേ സദർശ അവയെപ്പോലെയാണ് അവ അനുഭവപ്പെടുന്നതിന് മുമ്പ് അതില്ല മാത്രം ക്ഷണം കൊണ്ടാത്തവന്നാൽ അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നീടില്ല അതിന് സദൃശമാണ് ഈ പ്രപഞ്ചാനുഭവം എന്നും ഇവിടെ എങ്ങനെയാണ് ഇതിന്റെ ആദ്യാന്തങ്ങൾ ഇല്ലാതാകുന്നത് നമ്മൾ കരുതുന്നതിന് ആദിയും മന്തുണ്ട് അതുപോലെയല്ല മരമരീചിക പോലെയല്ല മരമരീചിക ഓണാടുന്നിരുന്ന് കാണുമ്പോ തന്നെ അതിൻ്റെ ആദ്യാന്തങ്ങൾ ഇല്ലാന്ന് നമുക്ക് മനസ്സിലാകും ഇതെങ്ങനെ ഈ പ്രപഞ്ച അനുഭവം എന്ന് പറയുന്നത് ദീർഘമായി ഇങ്ങനെ നിലനിൽക്കുകയാണ് ദീർഘമായ കാലത്തിൽ സ്ഥായിയായ ദേശത്ത് ഇതിങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും ഇതെങ്ങനെ ഒരു മരീചക സമമാവും ഇതിനുമുണ്ട് ആദ്യ അന്തങ്ങൾ ഇതിനും ദീർഘകാലവും തായിയ ദേഷിച്ചു വന്നു കാരണം ഇതിപ്പോഴ ഇതാരംഭിച്ചത് ജാഗ്രതത്തിലേക്ക് വന്നപ്പോ ജാഗ്രത അനുഭവത്തിന് മുമ്പ് ഇതിന്റെ അത് അനുഭവത്തിന്റെ തരത്തിൽ ചിന്തിക്കുന്നു ആദ്യം ബാഹ്യമായി കാണുന്ന വസ്തുക്കളിൽ സത്യബോധമുണ്ടാവും ഇത് സത്യമാണ് വാസ്തവത്തിൽ ഈ വസ്തുക്കളിൽ കാണുന്ന സത്യബോധം ഇത് സത്യമാണ് ഉള്ളതാണ് പരമാർത്ഥമാണെന്ന് തോന്നുന്നത് അതിനെ കുറിച്ച് നമ്മൾ പറയുന്നതന്നെ എന്താണ് അത് മനസ്സിന്റെ ഒരു തോന്നലാണ് എന്ന് പറഞ്ഞാൽ ഈ ചിത്രത്തിന്റെ ഒരു സൃഷ്ടിയാണ് ചിത്തം വസ്തുക്കളെ സൃഷ്ടിക്കുന്നു അതാണ് ഇവിടെ പറയുന്നത് ആ ചിത്രം സത്യ സത്യത്വം അതിനെ സൃഷ്ടിക്കുന്നു പിന്നെണ്ടും ചിത്തത്തിന്റെ സൃഷ്ടിയാണ് വസ്തുവിനെ സൃഷ്ടിച്ച ആ ചിത്തം തന്നെ അത് സത്യമാണെന്നുള്ള അതിനെ സൃഷ്ടിക്കും എന്നിട്ട് അതേ ചിത്തം തന്നെ എന്തു ചെയ്യുന്നു അവനഭേദമായി ഗ്രഹിക്കുന്നു ആ വസ്തുവിനെയും ആ സത്യത്തെയും ഒന്നായി ഗ്രഹിക്കുന്നു എന്നിട്ട് പറയുന്ന ഇത് സത്യമാണ് ഇത് തോന്നലല്ല ഇതല്ല ഇപ്പോൾ സംഭവിക്കുന്നു ജാഗ്രത തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഉണർന്നതിന് ശേഷം ആ ഉണർന്നതിന് മുമ്പോ ഉണരുന്നതിന് മുമ്പും അവിടെ വസ്തുവിന്റെ വസ്തുവിൽ ഉള്ള സത്യബോധമില്ല അതാണ് എന്നാസ്തി എന്ന് പറയുന്നത് ഇപ്പൊ തുടക്കത്തിൽ അതുണ്ടായിരുന്നില്ല അപ്പൊ ഇവിടെ കാലദേശങ്ങൾക്കുള്ള സ്ഥായിത്വം അതെങ്ങനെ നമുക്ക് സത്യമാണെന്ന് കരുതാൻ പറ്റും കാരണം ഉറക്കം സുഷുതി എന്ന് പറയുന്നത് നമ്മൾ ധരിക്കുന്നത് പോലെ രാത്രിയിൽ റക്കം പകല് ജാഗ്രത അങ്ങനെയല്ല സുഷൃത്തിയും ജാഗ്രതയും മാറി മാറി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു രാത്രിയും പകലും അനുസരിച്ചല്ല ഇവിടെ നമ്മൾ ഒരു മണിക്കൂറിൽ ഇരിക്കുമ്പോൾ എത്ര സമയം നമ്മൾ ശ്രഷദ്ധിയിലേക്ക് പോകുന്നു തിരിച്ച് ജാഗ്രത്തിലേക്ക് വരുന്നു നമ്മൾ ധരിച്ചിരിക്കുന്ന എന്താണ് രാത്രി ഉറങ്ങുന്നു പകൽ ഉണർന്നിരിക്കുന്നു അങ്ങനെയല്ല സംഭവിക്കുന്നു ജാഗ്രത പോലെ തന്നെ സുഷുതിയും മാറി മാറി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പൊ സുഷുതി എന്ന് പറയുമ്പോൾ എന്താണോ ഈ ജാഗ്രത്തിന്റെ ആദി അവിടെ ആദോ മാസ്തി സുഷുൻ്റെ വീണ്ടും ഈ നിന്ന് കുറച്ച് സമയം ഉണർന്നിരിക്കുന്നു പത്തോ പതിനഞ്ചോ മിനിറ്റർ ഉണർന്നിരിക്കുന്നു വീണ്ടും സുഷുതിയിലേക്ക് പോകുന്നത് അതന്തം ഒരു തരത്തിൽ നോക്കിയാൽ ജാഗ്രതക്കാൾ കൂടുതലും നമുക്ക് സുഷുതിയാണ് എന്നിട്ടാണ് പറയുന്നത് എന്ത് ഇത് സ്ഥായിയാണ് ദീർഘമായ അനുഭവമാണ് ഈ ഇടയ്ക്ക് വരുന്ന സുഷുതിയെ നമ്മൾ കണക്കിലെടുക്കുന്നില്ല ദീർഘമായിരിക്കുന്നത് എന്താണ് സുഷുതിയാണ് ജാഗ്രത പക്ഷെ അതിനൾ പരിഗണിക്കുന്നേയില്ല ജാഗ്രത ആണെങ്കിലോ അത് സ്ഥായിയായി നിൽക്കുന്നുമില്ല ഇടയ്ക്ക് മുറിഞ്ഞ് മുറിഞ്ഞു പോകുന്നു കുറച്ച് സമയം ജാഗ്രത വരുന്നു വീണ്ടും സുഷ്ടത്തി പോകുന്നു വീണ്ടും ജാഗ്രത വരുന്നു എവിടെയാ ജാഗ്രത സ്ഥായിത്വം കാലദേശങ്ങൾക്ക് എവിടെ സ്ഥായിത്വം ആ സ്ഥായിിത്വം വേണമെങ്കിൽ എന്ത് വേണം ഈ ഇടയ്ക്ക് സുശൃത്തി കടന്നു വരാതെ ഉള്ള ജാഗ്രത്തിലിരിക്കുന്നു അതാർക്കും കഴിയുന്നില്ല പിന്നെ ആദ്യാന്തങ്ങളുണ്ട് ആദ്യാന്തങ്ങളിൽ ഈ ജാഗ്രത്തില്ലാദോ അന്തേജോ എന്നാസ്തി ആധീനം അന്തത്തിനും ഈ ജാഗ്രത്തില്ല ഇത് മധ്യഭാഗത്ത് കാണുന്ന ഒന്നാണ് അത്ര സമയത്തേക്കുള്ള ഒന്നാണ് അവിടെ എന്ത് ചെയ്യുന്നു ചിത്തം ഈ വസ്തുക്കളെല്ലാം സൃഷ്ടിക്കുന്നു അവിടെ ഇതിൽ സത്യത്തും ബോധത്തെയുണ്ടാകുന്നു അതുകൊണ്ടിവിടെ പറയുന്നു ഇത് ആദിയിനും അന്ത്യത്തിനും എങ്ങനെയാണെങ്കിൽ ഇല്ലാത്തതാണെങ്കിൽ ഒരൽപകാലത്തേക്ക് ഒരൽപദേശത്തിൽ ഇതൊക്കെ എങ്ങനെ സത്യമായിരിക്കും വർത്തമാനേവി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്തും മുമ്പെങ്ങനെയാണോ അത് ഇല്ലാതിരുന്നത് അങ്ങനെ ഉണ്ടായിരുന്നു ആ ഉറക്കത്തിൽ കാലദേശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാലമില്ല ദേശം വീണ്ടും ഈ ജാഗ്രതയിൽ നിന്നും അറിയാതനോ സുഷുതിയിലേക്ക് പോകും അവിടെയും കത്തത്ത അവിടെയും കാലദേശങ്ങളില്ല കാലദേശങ്ങളില്ലെങ്കിൽ പ്രപഞ്ചബോധമില്ല സത്യാനുഭവമില്ല നമുക്ക് വാസ്തവത്തിൽ ഈ സത്യാനുഭവം സത്യത്തിലല്ല ഉള്ളത് മിഥ്യയിലാണുള്ളത് സത്യാനുഭവം സത്യാനുഭവമുണ്ട് സത്യാനുഭവം ഉള്ളത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്താണ് ഇത് സത്യമാണ് എൻ്റെ മുമ്പിൽ കാണുന്നു ഈ പ്രപഞ്ച സത്യമാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ അംശവും സത്യമാണെന്ന് പറയുന്നു പക്ഷെ അത് മിഥ്യയിലുള്ള സത്യാനുഭവമാണ് ഇല്ലാത്തതിലുള്ള സത്യാനുഭവമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ആദിയിലും അന്ത്യത്തിലും അതില്ല ഇത് തുടങ്ങുന്നതിന് മുമ്പ് അതാണ് ആദി എന്ന് പറയുന്നത് ഇത് അവസാനിച്ചതിന് ശേഷം അതാണ് അന്തം അവിടെ എന്തായിരുന്നു അവിടെ സുഷൃത്തി അല്ല നമ്മൾ ഇനി ജാഗ്രത്തിൽ നിന്ന് സ്വപ്നത്തിലേക്കാണ് പോകുന്നത് അവിടെ ഇതി തന്നെ സംഭവിക്കുന്നു ഈ ജാഗ്രത് അവിടെ ഉണ്ടായിരുന്നില്ല ആ സ്വപ്നത്തിൽ പിന്നെ നമ്മൾ ജാഗ്രത്തിൽ നിന്നൊരു സ്വപ്നത്തിലേക്ക് കിടക്കുന്നു അവിടെ ജാഗ്രത്തില്ല ജാഗ്രതയിലാണ് ഇരിക്കുന്നതെങ്കിൽ അവിടെയും ദേശഗാനങ്ങളുണ്ട് അവിടെയും നമ്മളതിനെല്ലാം ജാഗ്രത ആയിട്ട് തന്നെ അനുഭവിക്കുന്നു സ്വപ്നമായിട്ടുണ്ട് ആ ജാഗ്രത്തിൽ വസ്തുക്കളുണ്ട് മനസ്സാ വസ്തുക്കളെ സൃഷ്ടിക്കുന്നു സ്വപ്നത്തിന് സ്വപ്നമാകുന്ന ജാഗ്രത സ്വപ്നം കാണുന്നവനത് ജാഗ്രത തന്നെ അവിടെ മനസ്സ് വസ്തുക്കളെ സൃഷ്ടിക്കുന്നു അതിൽ സത്യത്വം സൃഷ്ടിക്കുന്നു സത്യമാണെന്നുള്ള തോന്നലെ സൃഷ്ടിക്കുന്നു അവിടെ എന്താണോ ആദ്യ അന്തങ്ങളിൽ ആ സ്വപ്നത്തിന് മുമ്പെന്തായിരിക്കും ഒരുപക്ഷെ അതൊരു ജാഗ്രത ആയിരിക്കും അല്ലെങ്കിൽ ഒരു സുഷുപ്തിയായിരിക്കും വീണ്ടും അത് ജാഗ്രത്തിലേക്കോ സുഷക്തിയിലേക്കോ പോകുന്നു അവിടെയും വർത്തമാനത്തിലിരിക്കുന്നു സ്വപ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് വർത്തമാനം അപ്പോൾ ആദ്യ അന്തങ്ങളില്ലാത്ത ഒന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ കാലത്ത് ചെറിയൊരു ദേശത്തിൽ അതങ്ങനെ സത്യമാകുന്നതാണ് എന്തുകൊണ്ട് സത്യമായിക്കൂട സത്യമാകണമെങ്കിൽ ആ അനുഭവം തുടർന്ന് തന്നെ അനുഭവം തുടർന്നു നിൽക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഈ സത്യമാണ് സത്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ബാധിക്കപ്പെടാത്തതാണ് ഒരിക്കലും അനുഭവത്തിൽ ഒന്നും മാറിപ്പോകാത്തതായിരിക്കണം അന്നേരം സത്യം എന്ന് പറയാം സത്യം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ എന്താണ് മാറ്റമില്ലാത്തത് മാറ്റമില്ലാത്തതാണ് സത്യം ഇതീ ജാഗ്രത നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല മാറിപ്പോകുന്നു സ്വപ്ന ജാഗ്രത അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല അവിടെ നിന്നും മാറിപ്പോകുന്നു ഇതൊന്നുമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ നിന്നും അതായത് സുഷൃഷ്ടിയിൽ നിന്ന് തുടങ്ങുന്നു ഒന്നുമില്ലാതിരിക്കുന്ന അവസ്ഥയിലേക്ക് സുഷൃഷ്ടിയിലേക്ക് പോകുന്നു എന്നിട്ട് പിന്നെ ഇതിനെങ്ങനെ സത്യം എന്ന് പറയാൻ പറ്റും എന്തടിസ്ഥാനത്തിലാണ് ഇതിന് സത്യം പറയുന്നത് അതുകൊണ്ട് പറയുന്ന വിദഗ്ധേഹി സദർശാഹതെങ്കിലും നിങ്ങൾക്ക് സത്യമല്ലാന്ന് തോന്നുന്ന ഒരു അനുഭവത്തെടുക്കുക അതിന് സമമാണ് ഇത് ഒരു വ്യത്യാസമുണ്ട് സത്യമല്ല എന്ന് തോന്നുന്ന അനുഭവം സ്വപ്നം തന്നെ ഉള്ളതിനു ശേഷം മനസ്സിലാവുന്നു സത്യമല്ല അത് ഉറപ്പിക്കുന്നു എന്തുകൊണ്ട് ഉറപ്പിക്കുന്നു അതിന് കാരണം ആ സ്വപ്നത്തിലേക്ക് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഒന്നുകിൽ ജാഗ്രതയിലായിരുന്നു എങ്കിൽ സുഷൃഷ്ടിയിലായിരുന്നു സ്വപ്നത്തിൽ നിന്ന് മാറിപ്പോകുന്നു ജാഗ്രത്തിലേക്കില്ലെങ്കിൽ സൃഷ്ടിയിലേക്ക് സൃഷ്ടിയിലേക്ക് പോയാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല ജാഗ്രതയിലേക്ക് വന്നാൽ പറയുന്ന എന്താണോ വിധതങ്ങളാണത് സത്യമില്ല എന്നുണ്ടായതിനു മുമ്പും അതിന് പിമ്പുമില്ല ഇപ്പോൾ അതില്ല സ്വപ്നം ഇപ്പം നിലനിന്നിരുന്നെങ്കിൽ നമുക്കിത് അസത്യം എന്ന് പറയാൻ പറ്റത്തില്ല സ്വപ്നം ഇപ്പം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പറയുന്നത് അസത്യമാണോ അങ്ങനെയാണെങ്കിൽ ഈ ജാഗ്രതം ഇനി അടുത്ത നിമിഷം അതില്ലാതാകും ഇല്ലാതാകുമ്പോൾ ഇതിനെ വിദധം അസത്യം എന്നല്ലേ പറയാൻ പറ്റും ഇതിനെങ്ങനെ സത്യമെന്ന് പറയാൻ പറ്റും വിദഥേ ഹി സദൃശാസന്ത ഇത് അസത്യമായ അനുഭവത്തിന് സദൃശമാണ് സദൃശം എന്ന് എന്തുകൊണ്ട് പറയുന്നു കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് അസത്യം നമുക്ക് പറയാൻ കഴിയുന്നില്ല ഏതുപോലെ സ്വപ്നം പോലെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോ ആ സ്വപ്നത്തിൽ യുക്തിക്ക് നിരക്കാത്തതോ അസ്വാഭാവികമായോ എന്തെല്ലാം ദൃശ്യങ്ങൾ കണ്ടാലും ശരി നമുക്കൊരിക്കലും സ്വപ്നത്തിൽ ഇരുന്നുകൊണ്ടതിനെ അസത്യം എന്ന് വിളിക്കാൻ പറ്റും അതിന് ഭ്രമമെന്നോ മായ പറയാൻ പറ്റുന്നില്ല ഒന്നെടുന്ത നോക്കുമ്പോൾ എന്താണ് അത് നമ്മളെ യുക്തിക്ക് നിരക്കാത്തതാണ് നമ്മളെ പൂർവ്വാനുഭവങ്ങളോട് യോജിക്കാത്തതാണ് പക്ഷെ എന്നാലും ആ സമയത്ത് നമുക്കതിനസത്യം പറയാനേ കഴിയുന്നില്ല അത് തന്നെ ഇവിടെയും സംഭവിക്കുന്നു ഇവിടെ നമുക്ക് പറയാൻ കഴിയുന്നില്ല ഇത് അസത്യമാണ് മറിച്ച് സത്യമാണെന്നേ പറയാൻ കഴിയുന്നു സ്വപ്നത്തിൻ്റെ അത് തന്നെ പറയുന്നു സത്യം തന്നെ അതുകൊണ്ട് പറയുന്നത് വിധതേ ഹി സദൃശ നമുക്ക് ഇവിടെ ഇരുന്ന് ജാഗ്രതയെ കുറിച്ച് ചിന്തിക്കുമ്പോ ഇത്രേ പറയാൻ കഴിയുന്നത് എന്താണ് ഇതും സ്വപ്നം പോലെ തന്നെ സ്വപ്ന സമാനമാണ് എങ്ങനെയാണ് സമാനത അത് അവസാനിച്ചു പോയി ഇതും അവസാനിച്ചു പോകുന്നതാണോ അതുകൊണ്ട് അത് സത്യമായിരുന്നില്ല അതുകൊണ്ട് ഇതും സത്യമല്ല എന്ന് പറഞ്ഞാലും പറയുന്നു അവിതതാ ഇവലക്ഷിത പക്ഷേ സത്യം പോലെ അനുഭവപ്പെടുന്നു അത് അസത്യാനുഭവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് എവിടെ അനുഭവം ഉണ്ടാകുന്നു അത് ഏത് തരത്തിലുള്ള അനുഭവമായാലും ശരി സത്യമായിട്ട് അനുഭവപ്പെടുന്നു ഒരനുഭവം അതനുഭവിക്കുന്ന സമയത്ത് അതിനെ നമുക്ക് മിഥ്യാണ് തിരിച്ചറിയാൻ പറ്റുന്നില്ല എല്ലാ ഭർമ്മങ്ങളും അങ്ങനെ മരുമരിചെ കാണുന്നു കാണുമ്പോൾ നമുക്ക് സത്യമായി അനുഭവപ്പെടുന്നു രജസ്പത്തെ കാണുന്നു സത്യമായി അനുഭവപ്പെടുന്നു ഭയക്കുന്നു നിലവിളിക്കുന്നു അതെല്ലാം സത്യമായി അനുഭവപ്പെട്ടുകൊണ്ടാണ് സാധാരണഗതിയിൽ ഏത് ബ്രഹ്മ അനുഭവം ഉണ്ടായാലും ശരി അത് സത്യമായി തന്നെ അനുഭവപ്പെടുന്നു മരുമരീതിക്ക് സത്യമായി തന്നെ അനുഭവപ്പെടുന്നു പക്ഷെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവൻ അതിന്റെ തത്വത്തെ മനസ്സിലാക്കിയവൻ ചിന്തിച്ച് മനസ്സിലാകുന്നു അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞുകൊടുത്ത് മനസ്സിലാകുന്നു ഇത് സത്യം പോലെ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഇത് സത്യമല്ല എന്നാലും എന്റെ അനുഭവത്തെ അത് നിഷേധിക്കാൻ പറ്റുന്നില്ല തന്റെ മുമ്പിൽ നിന്ന് ആ കാഴ്ചയെ മാറ്റാൻ പറ്റുന്നില്ല സത്യമല്ലാന്നറിഞ്ഞാലും വീണ്ടത് കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കും ആ കാഴ്ച വേണ്ടെന്ന് ആഗ്രഹിച്ചാലും അത് മാറുന്നില്ല അല്ലെങ്കിൽ അത് സ്വയം മാറുന്നു മുമ്പിലുള്ള പ്രകൃതിക്ക് മാറ്റം വരുന്നു എന്നാൽ മരുമരീജുക ഇല്ലാതാകും താനായിട്ടില്ലാതാക്കുന്നത് അതാണ് അവിധതായ വരക്ഷിത സത്യം പോലെ അനുഭവപ്പെടുന്നു സത്യമല്ല എന്നറിഞ്ഞാലും സത്യം പോലെ അനുഭവപ്പെടുന്നു ഇതാണ് പ്രപഞ്ച സ്വഭാവം അതുകൊണ്ട് ഇപ്പൊ ഒരാൾ പ്രപഞ്ച സത്യമാണ് എന്ന് കരുതുന്നത് അസാങ്കത്യൊന്നുമില്ല കാരണം അത് വെറും ഒരു കരുതലല്ല അയാളുടെ അനുഭവമാണ് പ്രപഞ്ച സത്യമാണ് ഗുരു ഉദ്ബോധിപ്പിക്കുമ്പോ അല്ലെങ്കിൽ ശ്രുതി പറയുമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സ്വയം അനുഭവപ്പെടുമ്പോ മാത്രമേ അയാൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ എന്താണത് സത്യമല്ല അസത്യമാണ് അതുകൊണ്ടാണ് അവൾ പറഞ്ഞിരിക്കുന്നത് ഇത് അവിധത സത്യം എന്നതുപോലെ അനുഭവപ്പെടുന്നു സത്യമല്ലാന്ന് മനസ്സിലാക്കിയവനും സത്യമാണെന്ന് ഗ്രഹിക്കുന്നവൻ രണ്ടുകൂട്ടം സത്യമല്ലാന്ന് മനസ്സിലാക്കിയവനോ ഈ പ്രതീതി പ്രപഞ്ച പ്രതീതി അവന്റെ മുമ്പിൽ നിൽക്കുമ്പോ മുമ്പെങ്ങനെയാണോ ഇവൻ ഇതിനെ സത്യമായി ഗ്രഹിച്ചിരുന്നപ്പോ അനുഭവപ്പെട്ടത് അതുപോലെ തന്നെ വീണ്ടും അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും വരും രീതി സത്യമല്ലാന്ന് ബോധ്യപ്പെടുത്തിയാലും അത് ബോധ്യപ്പെട്ടാലും കാണുന്നവനും വീണ്ടും അവിടെ ജലം തന്നെ കാണുന്നു വാസ്തുവത്തിലവിടെ പ്രകാശം മാത്രമേ അവൻ ജലം തന്നെ കാണും അതാണ് ബോധ്യപ്പെട്ടവനും കാണുന്നതെന്ന് പറയുന്നത് ബോധ്യപ്പെടാത്തവനാണെങ്കിലോ അവൻ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ തന്നെ കാണും ഇതാണ് പ്രപഞ്ച അനുഭവത്തിൻ്റെ സാമാന്യമായ നില ഈ കാര്യം മുമ്പ് ചർച്ച ചെയ്തതാണ് അതുകൊണ്ടിവിടെ ഭാഷകാരൻ അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നു സ പ്രയോജനത സ്വപ്ന വി പ്രതിപയന്ത സജനത സപ്രയോജനത സ്വപ്നെ വിപ്രതിപദ്ധ്യത ഇത് അനുഭവിക്കുന്ന സമയത്ത് സത്യമായി അനുഭവപ്പെട്ടാലും ഇത് സത്യമല്ല കാരണം ഇത് അനുഭവവേടെ തുടർന്ന് നിൽക്കുന്നില്ല എന്തുകൊണ്ട് സപ്രയോജനത അതിന്റെ സപ്രയോജനത സ്വപ്നയും വിപ്രതി പത്ത് സ്വപ്നത്തിനത് മാറിപ്പോ സ്വപ്രയോജനത എന്ന് പറയുന്നത് നമ്മൾ ചർച്ച ചെയ്തതാണ് ജാഗ്രത ഭക്ഷണം കഴിച്ച് വിശപ്പ് മാറി പക്ഷെ സ്വപ്നത്തിൽ വീണ്ടും വിശപ്പ് അതേ വ്യക്തി തന്നെയാണ് സ്വപ്നം കാണുന്നത് ബോധത്തിന് മാറ്റമുണ്ട് സ്വപ്നത്തിൽ ശരീരം മറ്റു ദൃശ്യങ്ങളെല്ലാം മാറാ പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഞാൻ തന്നെയാണ് സ്വപ്നം കണ്ടത് സ്വപ്നത്തിന് മറ്റെല്ലാം മാറിയിട്ടും സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ഞാനെല്ലാം മറ്റൊരാളാണ് എന്നനുഭവം ആർക്കുന്നില്ല താൻ തന്നെ അനുഭവത്തിൻ്റെ മറ്റൊരു തരത്തിലേക്ക് പോകുമ്പോൾ ഇവിടുത്തെ പ്രയോജനത അവിടെ മാറിപ്പോകുന്നു ഇവിടെ ദാഹമുണ്ടായിരുന്നു ഭക്ഷ്യക്കാരൻ ഇതെല്ലാം നമ്മൾ വളരെ വിശദമായി പറഞ്ഞു ഇവിടെ നല്ല ദാഹം ഉണ്ടായിരുന്നു പക്ഷെ സ്വപ്നത്തിൽ ചെന്നപ്പോ അവിടെ ദാഹമില്ല ഇവിടെ ആഹാരം കഴിച്ച് വിശക്ക് മാറ്റി പക്ഷെ അവിടെ ചെന്നപ്പോ ഇവിടെ ധനവാനായിരുന്നു അവിടെ ചെന്നപ്പോ ദരിദ്രനായി ഇവിടെ ആരോഗ്യമുള്ളവനായിരുന്നു അവിടെ ചെന്നപ്പോ രോഗിയായി ഇവിടെ ഭയമില്ലാത്ത ധീരനായിരുന്നു അവിടെ ചെന്നപ്പോ ഭയം വന്നു ഇവിടെ ജ്ഞാനിയായിരുന്നു വേദാന്തനം പഠിച്ച ജ്ഞാനി സ്വപ്നത്തിൽ ചെന്നപ്പോ അജ്ഞാനിയായി അപ്പൊ ഇത് എന്താണ് ഇവിടെ എന്തെല്ലാം പ്രയോജനത പ്രയോജനത്തെ നമ്മൾ ആർജിക്കുന്നു അതെല്ലാം അവിടെ ഇല്ലാതായിത്തീരുന്നു മറിച്ച് സംഭവിക്കുന്നു സ്വപ്നത്തിലും നമ്മൾ എന്തൊക്കെ ആർജിക്കുന്നു ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ വിപ്രതിപദ്ധ്യത അതെല്ലാം നഷ്ടപ്പെടുന്നു ജാഗ്രത്തിൽ മൂർഖനായാലും സ്വപ്നത്തിൽ ഗുരുവായി ഒരുപാട് ഭക്തന്മാരൊക്കെ ഉണ്ടായി നല്ല സന്തോഷത്തിരിക്കുമ്പോഴാണ് ചാടി എണീക്കുന്നത് എല്ലാം പോയി വീണ്ടും ദുഃഖിതനാകുന്നു ഇതിങ്ങനെ സംഭവിക്കും പ്രയോജനത്വം എന്തുകൊണ്ട് സ്ഥായിയായി നിലനിൽക്കുന്നില്ല ഈ രണ്ടനുഭവങ്ങളും ഒരുപോലെ അസത്യമായതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ അനുഭവത്തെ തുടരാൻ കഴിയുന്നില്ല രണ്ടും പരസ്പരം ബാധിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഒന്നിലിരുന്നു കൊണ്ട് ഇത് സത്യം മറ്റേത് അസത്യം എന്ന് പറയുന്നതിന് എന്താ കാര്യമുള്ളത് ജാഗ്രതത്തിലിരുന്നാണ് ചർച്ച ചെയ്യുന്നത് ജാഗ്രതയിലിരുന്നുകൊണ്ട് ഇതിനെ സത്യമായി തന്നെ തീരുമാനിക്കുന്നു സ്വപ്നം അസത്യമാണ് പക്ഷെ രണ്ടിൽ നിന്നും മാറി നോക്കുക സ്വപ്നത്തിന് ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചത് ഈ ചർച്ചയൊക്കെ സ്വപ്നത്തിന് സംഭവിക്കും അവിടെ നമ്മൾ എന്തു പറയും ഇതാണ് ജാഗ്രത പക്ഷേ തിരിച്ച് ആ സ്വപ്നത്തിൽ നിന്നും വിട്ട് ജാഗ്രതയിലേക്ക് വരുമ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ടു ആ ജാഗ്രത്വം നഷ്ടപ്പെട്ടു അവിടുത്തെ എല്ലാ പ്രയോജനങ്ങളും ഇവിടെ ശൂന്യമായി അതുകൊണ്ട് ഇവിടുത്തെ അനുഭവങ്ങൾ ഈ അനുഭവങ്ങളിലുണ്ടാകുന്ന സപ്രയോജനത്വം ഇതെല്ലാം തസ്മാ ആദ്യന്തത്വേന ഇതെല്ലാം ആദ്യന്തങ്ങൾ ഉള്ളതാണ് ആ അനുഭവത്തിലേക്ക് കടക്കുന്നതിന് മുമ്പില്ല ആ അനുഭവത്തെ വിടുമ്പോൾ അതെല്ലാം അവസാനിച്ചും പോകുന്നു അതുകൊണ്ട് ആണിവിടെ പറയുന്നത് നമ്മൾ ജാഗ്രത്തിലിരുന്നു നമ്മുടെ ബുദ്ധിയെ ഈ പദാർത്ഥങ്ങളിൽ ഉറപ്പിച്ച് അല്ലെങ്കിൽ ആ പദാർത്ഥങ്ങളുള്ള സത്യത്വത്തെ കണ്ടുകൊണ്ട് ചിന്തിക്കുമ്പോൾ നമുക്കൊരിക്കലും ഇത് സ്വപ്നം പോലെ സത്യമല്ല എന്ന് നിർണ്ണയിക്കാൻ പറ്റത്തില്ല ഇവിടെ ആ പദാർത്ഥങ്ങളിൽ ഊന്നിയുള്ള ഒരു ചിന്തയല്ല അല്ലെങ്കിൽ വസ്തുനിഷ്ഠമായൊരു ചിന്തയല്ല വസ്തുനിഷ്ഠമായൊരു ചിന്തയിൽ അസത്യം ബോധിക്കാൻ പറ്റത്തില്ല അല്ലെ നമ്മളൊരു വസ്തുവിനെ ഭൗതികമായി പഠിക്കാൻ ശ്രമിക്കും അതിന്റെ സ്വഭാവം എന്താണ് അതിന്റെ ഘടനകൾ എന്തൊക്കെയാണ് അങ്ങനെ നമ്മൾ ആ വസ്തു നിഷ്ഠമായി പഠിക്കുമ്പോൾ അതിനെ സത്യമൊന്ന് കരുതിയെ പഠിക്കാൻ പറ്റും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും അത്തരം ഒരു പഠനത്തിലൂടെ ചിന്തയിലൂടെ ഇതിന്റെ അസത്യത്തെ ബോധിക്കാൻ പറ്റത്തില്ല മറിച്ച് ഇത് സത്യമാണെന്നുള്ളത് ദടപ്പെട്ട് ദടപ്പെട്ട് വരും കാരണം നമ്മൾ മനസ്സ് നമ്മൾ വസ്തുവിൽ ഉറപ്പിച്ചിരിക്കുകയാണ് ഇവിടെ മിഥിയാണെന്ന് പറയുന്നത് നമ്മളൊരു വസ്തുനിഷ്ഠമായി ചിന്തിക്കുന്ന ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കതൊരു വലിയ തമാശയായിത്തോന്നും വലിയൊരു പരിഹാസമായി തോന്നും എന്തുകൊണ്ട് അങ്ങനെ ഒരു ചിന്തക്ക് ചീനമില്ലാത്ത ഇത് സ്വപ്നം പോലെയാണെന്ന് പറയും പക്ഷെ ഇവിടെ ഏത് തരത്തിലാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇവിടെ പറയുന്നത് ആത്മനിഷ്ഠമായിട്ടാണ് വസ്തുനിഷ്ഠമായിട്ടുണ്ട് വസ്തുനിഷ്ഠമായി ചിന്തിച്ച് ഇത് അസത്യമാണെന്നൊരിക്കലും ബോധിക്കാൻ പറ്റത്തില്ല ആത്മനിഷ്ഠമായി ചിന്തിക്കുമ്പോൾ ഇവിടെ ആത്മാവെന്ന് പറയുന്നത് ചിത്തം തന്നെ ആത്മാവെന്ന് ആത്മാവെന്നുള്ള ഇവിടെ ഉപയോഗിക്കാറില്ല ചിത്തം എന്നാ പറയുന്നത് ബോധം എന്നാ പറയുന്നത് ഇവിടുത്തെ ചിന്ത എന്ന് പറയുന്നത് എന്താണ് ബോധനഷ്ടമായിട്ടാണ് ഭൗതികമായി ചിന്തിക്കുമ്പോ എന്താണ് വസ്തുവിൽ ബോധത്തെ നിർത്തി ചിന്തിക്കുന്നു ആത്മാനിഷ്ഠമായി ചിന്തിക്കുമ്പോഴോ ോധത്തിൽ വസ്തുക്കളെ കണ്ടുകൊണ്ട് ചിന്തിക്കുന്നു പ്രപഞ്ചത്തെ ബോധത്തിൽ കാണും ചിത്തത്തിൽ കാണും അതുപോലെ സ്വപ്നം പോലെ സ്വപ്നത്തിന് എന്ത് ചെയ്യുന്നു വസ്തുക്കളെ നമ്മൾ ചിത്തത്തിലാണ് കാണുന്നു ജാഗ്രതയിലേക്ക് വരുമ്പോൾ അത് കൂടുതൽ സ്പഷ്ടമാകും നമ്മൾ പറയും എന്താണ് എല്ലാം അല്ലെങ്കിൽ പറയുന്നില്ല ഉള്ളില്ലാകേണ്ടത് ഈ ഉള്ളെന്നും മനസ്സെന്ന് പറയുന്ന എന്താണോ അതിനുവേണ്ടിവിടെ ചിത്തമെന്ന് പറഞ്ഞു അപ്പൊ ചിത്തത്തിൽ വസ്തുക്കളെ കാണാൻ കഴിഞ്ഞാൽ അപ്പൊ ബോധ്യപ്പെടുന്നത് എന്താണോ ഇത് കേവലം ചിത്തത്തെ ആശ്രയിച്ച് നിൽക്കുന്നതാണോ സ്വതന്ത്രമായി നിൽക്കാൻ കഴിയാത്തതാണോ വാസ്തവത്തിൽ ഇതിനെ സത്യമൊന്നു കരുതിയാലും അസത്യം ഒന്ന് കരുതിയാലും ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന എന്താണ് ഇതിനെല്ലാം വസ്തു നിഷ്ഠമായി പഠിച്ചാലും ആത്മനിഷ്ഠമായി പഠിച്ചാലും ഇതിനെല്ലാം ആധാരമായിരിക്കുന്നത് മനസ്സാണ് ഞങ്ങൾ ഈ പ്രപഞ്ചത്തെ സത്യമാണെന്ന് ഉറപ്പിക്കുന്നു എവിടെ ഉറപ്പിക്കുന്നു മനസ്സാണ് വേറെ എവിടെയെങ്കിലും ഉറപ്പിക്കാനുണ്ടോ എല്ലാ അഭ്യാസങ്ങളും നടക്കുന്ന എവിടെ മനസ്സിലാണ് എല്ലാ സിദ്ധാന്തങ്ങളും രൂപീകരിക്കുന്ന എവിടെ മനസ്സിലാണ് പുറമേ വസ്തുവല്ലല്ലോ പുറമേയുള്ള വസ്തുവിന് നമുക്കൊരു സിദ്ധാന്തവും ഒന്നും പറ്റുന്നില്ല എല്ലാ അവനവന്റെ ഉള്ളിലാണ് സംഭവിക്കുന്നത് അവനവന്റെ മനസ്സിലാ സംഭവിക്കുന്നത് അപ്പൊ മനസ്സിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തെ അത് മനസ്സിലാണ് സംഭവിക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ നമ്മൾ പറയാം അത് അസത്യമാണോ അതാണ് സ്വപ്നത്തെ അസത്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് അവിടെ തിരിച്ചറിയുന്നത് മനസ്സിലാ സംഭവിച്ചത് ചിത്തത്തിലാ സംഭവിച്ചത് അപ്പൊ എവിടെയാണോ വാസ്തവത്തില സത്യമാണോ സ്വപ്നം സംഭവിച്ചത് മനസ്സിലാണോ അത് സത്യമല്ല എന്ന് ആർക്ക് പറയാൻ പറ്റും ആ സത്യമായി തിരിച്ചറിവ് ഉണ്ടപ്പോഴാണെന്ന് നമ്മൾ പറയുന്നത് എന്താണോ അപ്പൊ അത് പരമാർത്ഥമല്ല കാരണം അത് മനസ്സിൽ സംഭവിച്ചതാണ് പക്ഷെ ജാഗ്രതന്ത് സംഭവിക്കുന്നു ബഹിർമുഖമായി പോകുന്നു മനസ്സിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും ഇതിനൊന്നും മനസ്സില്ലാതെ വേറെ ഒരാധാരവും ഇല്ല എങ്കിലും വിഷയനിഷ്ഠമായി ചിന്തിച്ചിട്ട് മനസ്സിനെ വിഷയത്തിൽ ഉറപ്പിച്ചിട്ട് ഇതെല്ലാം പുറമേ സംഭവിക്കുന്നുവെന്ന് കരുതുന്നു പുറമേ സംഭവിക്കുന്നുവെന്ന് പറഞ്ഞാൽ സൃഷ്ടിസ്ഥിതി നാശങ്ങൾ പുറമേ സംഭവിക്കുകയാണ് വസ്തുക്കൾ സംഭവിക്കുകയാണെന്ന് കരുതുന്നു സ്വപ്നത്തിലും അത് തന്നെ ധരിക്കിയത് സ്വപ്നത്തിന് നമ്മൾ അനുഭവിച്ചതെന്താണ് സൃഷ്ടി സ്ഥിതി നാശങ്ങൾ അവിടെ അതെവിടെ സംഭവിച്ചു വസ്തുക്കൾ സംഭവിച്ചേ കണ്ടു അവിടെ ഒരു വിത്ത് കുഴിച്ചിട്ട് അത് വളർന്നു വൃക്ഷമായി അതിൽ നിന്ന് ഫലങ്ങളുണ്ടായി അതെല്ലാം പുറമേ വസ്തുക്കൾ സംഭവിക്കുന്നതായിട്ടാണ് കണ്ടത് പക്ഷെ ഉണർന്നതിന് ശേഷം എന്ത് പറയുന്നു അതെല്ലാം മനസ്സിലാ സംഭവിച്ചത് ഓണിന് ശേഷം പറയാൻ പറ്റുമോ അതൊക്കെ അവിടെ ബാഹ്യമായി സംഭവിച്ചു മനസ്സിലാക്കുമ്പോൾ ജാഗ്രതത്തിൽ ഇത് ബോധ്യപ്പെടുകയാണ് എന്താണോ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചിത്തത്തിലാണോ ബാഹ്യമായിട്ടല്ല ഏതുപോലെ സ്വപ്നം പോലെ അപ്പോ മനസ്സിലാവും എന്താണ് ഇത് സത്യമല്ല ആ സമയത്തേ ഇത് മനസ്സിലാകത്തുള്ളൂ അതാണ് ആത്മനിഷ്ഠമായ ചിന്ത എന്ന് പറയുന്നത് അപ്പൊ മനസ്സിലാകും എന്താണോ ഇത് ആദ്യന്തങ്ങളുള്ളതാണോ സ്ഥായി അല്ല അപ്പൊ വസ്തുനിഷ്ഠമായ ചിന്തയിൽ നിന്നും മാറി ആത്മനിഷ്ഠമായി കാര്യങ്ങൾ എപ്പോഴാണോ ആഗ്രഹിക്കുന്നത് അപ്പോ മനസ്സിലാകും അതുവരെ അത് മനസ്സിലാകത്തില്ല അതുവരെ ഇത് അസത്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പരിഹാസമായി നമുക്ക് തോന്നും ഇതൊരു തമാശ പോലെ തോന്നും ആ ചിന്തയിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ് ഭ്രാന്തി ഉണ്ടായി എവിടെ ഭ്രാന്തി ഉണ്ടായിരുന്നു ആ ഭ്രാന്തിന് അടിമപ്പെട്ടിരിക്കുമ്പോൾ ബസ് പുറത്ത് തന്നെയാണ് സെർപ്പം പുറത്താണ് ഒരു സംശയമില്ല നമ്മുടെ മുമ്പിലാണത് എപ്പോഴാണോ അതിൽ നിന്ന് മുക്തനാകുന്നത് അപ്പോൾ മനസ്സിലാവുന്ന എന്താണ് അതകത്താണ് ചിത്തത്തിലാണ് സംഭവിച്ചത് അതിനാദ്യന്തങ്ങളുണ്ട് അപ്പൊ ആദ്യന്തങ്ങളുള്ള എല്ലാ അനുഭവങ്ങളും ചിത്രത്തിലാണ് സംഭവിച്ചത് അപ്പൊ ഈ ജാഗ്രത അനുഭവത്തിനും ആദ്യന്തങ്ങളുണ്ട് ജാഗ്രത സ്വപ്നത്തിലേക്കും സൃഷ്ടിയിലേക്കും തിരിച്ചും നിരന്തരം സഞ്ചരിച്ചുകൊണ്ടേ നമുക്കൊരു ജാഗ്രത എന്ന് പറഞ്ഞൊരു ജാഗ്രത നമുക്ക് വേദനിക്കാനേ പറ്റുന്നില്ല കാരണം ഈ ജാഗ്രത്തിലെ കാലബോധം അതെടുത്തതിനെ കുറിച്ച് പറയും അത് വേറിട്ടേക്ക് ജാഗ്രതയിൽ നിന്ന് സുഷൃത്തിയിലേക്ക് പോയാൽ അവിടെ ഈ കാലബോധമില്ല ദേശബോധമില്ല വീണ്ടും സ്വപ്നത്തിലേക്ക് പോയാൽ അവിടെ ഈ കാലദേശങ്ങളില്ല ഇത് ക്ഷണികമാണ് ഈ ജാഗ്രത നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഇതിന് ആദ്യ അന്തങ്ങൾ ഉണ്ടെന്നെ സ്വീകരിച്ചേ മതിയാകും അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ സത്യമാകും ഇത് കേവലം മനസ്സിൽ സ്ഥിതി ചെയ്യുന്നതാണ് ബാഹ്യമായി അനുഭവപ്പെടുന്ന എല്ലാ ഭാവവികാരങ്ങളും നമ്മൾ പറയുന്നു ഭാവവികാരങ്ങൾ ഉത്പത്തി മുതൽ നാശം വരുക ഭാവവികാരങ്ങൾ ഈ വികാരങ്ങൾ മനസ്സിൽ തന്നെയാണ് സംഭവിക്കുന്നത് മനസ്സ് തന്നെ ഭാവത്തെ സൃഷ്ടിക്കുന്നു അത് സത്യബോധത്തെ ഉണ്ടാക്കുന്നു എന്നിട്ട് അതിൽ വികാരങ്ങളെ സൃഷ്ടിക്കുന്നു ഇത്രയുമാകുമ്പോൾ മനസ്സ് ബഹുർമുഖമാകും അത് തന്നെ ചെയ്തതെല്ലാം അത് മറക്കും മറന്നിട്ട് എല്ലാം പുറമേ നടക്കുന്നു സ്വയം മറക്കുന്നു അതിനാണ് ആത്മവിസ്മൃതി എന്ന് പറയുന്നത് അതിനാണ് അജ്ഞാനം എന്ന് പറയുന്നത് ആ അജ്ഞാനത്തിൽ നിന്നുകൊണ്ട് ബഹിർമുഖമായി ചിന്തിച്ചതിൽ സത്യത്വ വരുന്നു അതിനാണ് മായ എന്ന് പറയുന്നത് ഇത് മിഥ്യവ ഖലു തേ ഇത് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് പുതുതായി പറയുന്ന ഒരു കാര്യമല്ല പുതുതായി പറയുന്ന അല്ലാന്ന് പറയാൻ എന്താ കാരണം കാരണം ഈ അനുഭവം പുതിയതല്ല ഈ അനുഭവം സദാ നിലനിൽക്കുന്നതാണ് അപ്പോൾ ഇതങ്ങനെ പുതുതാവും എപ്പോ ജാഗ്രതത്തിലേക്ക് വരുന്നോ അപ്പോൾ ഈ അനുഭവമുണ്ട് എപ്പോ സ്വപ്നത്തിലേക്ക് പോകുന്നോ അവിടെ ഈ അനുഭവമുണ്ട് അതുകൊണ്ടിത് നൂതനമായൊരു അനുഭവമല്ല ഈ അനുഭവത്തിൽ കൂടെയാണ് പ്രതിക്ഷണം ഈ ചിത്തം ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇത് സത്യമല്ല എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനമാണ് അത് പുറമേക്ക് നോക്കിയാൽ മനസ്സിലാകത്തില്ല വസ്തുവിലേക്ക് മാത്രം നമ്മൾ നോക്കിയാൽ മനസ്സിലാകത്തില്ല മനസ്സിലേക്ക് നോക്കണം അപ്പോൾ മനസ്സിലാകും ഇത് സത്യമല്ല എന്ന് മനസ്സിലാകും ുമ്പ് വിശദീകരിച്ചാണ് അത് ഭാഷകാരം പറയുന്നു വൈദഗതിയെ കൃതവ്യാഖ്യാനവും വൈദഗ്ധ്യ പ്രകടനത്തിൽ ഈ രണ്ട് ശ്ലോകങ്ങളും വ്യാഖ്യാനിച്ചതാണ് അല്ലെങ്കിൽ ഇതിന്റെ ആശയത്തെ വിശദമാക്കിയതാണ് ശ്ലോകവിഹ സംസാരമോക്ഷ അഭാവപ്രസംഗേന പഠിതവും മുമ്പ് സംസാരം അസത്യമാണെന്നും ബോധിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ഇവിടെ സംസാരം മാത്രമല്ല മോക്ഷവും അസത്യ അസത്യമാണോ എന്ന് ബോധിപ്പിക്കാൻ വേണ്ടി ഇത് വീണ്ടും പറയും മോക്ഷ സത്യമാണെന്നാണല്ലോ കരുതുന്നത് അതും അസത്യമാണ് അസത്യമായിരിക്കുന്നു കാരണം സംസാരം സംഭവിച്ചിട്ടേ ഇല്ല അതാണ് അജാതം എന്ന് പറയുന്നത് സംസാരം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സൃഷ്ടി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ സൃഷ്ടിയിൽ നിന്നും മുക്തി നേടണം സൃഷ്ടി എന്ന് പറയുന്നത് എന്താണ് ഒരു ഭ്രാന്തിയാണ് ഭ്രാന്തി എന്ന് പറയുന്നതിന് അവസ്ഥാണ് അവസ്തുവായ ഒന്നിന്റെ സംഭവമില്ല വിനാശമില്ല പിന്നെ സംസാരം പോലെ തന്നെ മുക്തി അതാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് അത് ബോധിപ്പിക്കാൻ വേണ്ടി ഇതൊന്നും കൂടി ഈ ശ്ലോകത്തെവിടെ പറഞ്ഞാണ് അതുകൊണ്ട് താൻ വിശദീകരിക്കുന്നില്ലെന്നാണ് പറയുന്നത് ഈ ഭാഗങ്ങളിലൊന്നും കൂടുതൽ വിശദീകരണങ്ങളില്ല സപ്രയോജന സ്മൃതർമാർ ദർശന സമർദ്ദൻ പ്രദേശീ വൈ ഭൂത്തും കൂത സർവേ ധർമ്മ മൃഷ സ്വപ്നേ സ്വപ്നത്തെ കുറിച്ച് ജാഗ്രത്തിൽ ചിന്തിക്കുന്നതിനെ കുറിച്ച് പറയുകയാണ് നമ്മൾ സ്വപ്നത്തിലല്ലോ ചിന്തിക്കുന്നു സ്വപ്ന ജാഗ്രത്തിൽ ഒരു സ്മരണ മാത്രമാണ് അനുഭവമല്ല ഒരു സ്മൃതിയാണ് അതെങ്ങനെ അനുഭവപ്പെടുന്നു ആയസ് അന്ധനിദർശന ഈ ശരീരത്തിന്റെ ഉള്ളിലാണ് അത് അനുഭവപ്പെട്ടത് എന്ന് കരുതുന്നു ഓടുന്നതിന് ശേഷം ഈ ജാഗ്രതയിൽ ഈ വസ്തുക്കളെ കാണുമ്പോൾ ഇതെല്ലാം ഈ ശരീരത്തിൻ്റെ ഉള്ളിലാണ് കാണുന്നതെന്ന് നമുക്ക് തോന്നുന്നില്ല കാരണം ഇവിടെ ഈ ശരീരം കാണുന്നുണ്ട് ഈ ശരീരത്തിന്റെ ഭാഷ്യമായി ദേശത്തെ കാണുന്നുണ്ട് മനസ്സിൽ കാലബോധമുണ്ട് ഇപ്പോൾ ബാഹ്യമായ ദേശത്തിൽ വർത്തമാന കാലത്തിൽ വസ്തുക്കളെ കാണുന്നു പക്ഷെ ഉണർന്നതിന് ശേഷം പറയുന്നു സ്വപ്നത്തിൽ നിന്നും ഇതെല്ലാം ശരീരത്തിന്റെ ഉള്ളിലാണ് സംഭവിച്ചത് പക്ഷെ ആ സ്വപ്നത്തിൽ അത് കണ്ടുകൊണ്ടിരുന്നപ്പോഴോ ഇതുവേണ്ടി യാതൊരു വ്യത്യാസമില്ല കണ്ടുകൊണ്ടിരുന്നപ്പോഴും കണ്ണുകൊണ്ട് വസ്തുക്കളെ കണ്ടു ശരീരത്തെ കണ്ടു ശരീരത്തിന് പുറത്ത് ദേശത്തെ കണ്ടു അവിടെയും വർത്തമാന കാലത്തിൽ ബാഹ്യമായി സർവത്തെയും കണ്ടുകൊണ്ടിരുന്നു നമ്മൾ പറയും സ്വപ്നത്തിന് ഉള്ളിൽ കണ്ട് അതുകൊണ്ടത് ആ സത്യം ജാഗ്രത പുറമേ കാണുന്നു അതുകൊണ്ട് സത്യം അത് ശരിയല്ലെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് ഇവിടെ ഉണർന്നതിന് ശേഷമാണ് പറയുന്നത് ശരീരത്തിന്റെ ഉള്ളിലാണ് അത് കണ്ടതെന്ന് അത് കണ്ടുകൊണ്ടിരുന്നപ്പോഴല്ല കണ്ടുകൊണ്ടിരുന്നപ്പോ ശരീരത്തെ കണ്ടു ശരീരത്തിന്റെ ബാഹ്യ ദേശത്തെയും വർത്തമാനക്കാലം അവിടെ ഉണ്ടായിരുന്നു നമ്മൾ കാണുന്നു വർത്തമാനത്തിലാണ് ഭൂതഭാവിയിലൊന്നുമല്ല എന്നാലും നമുക്ക് ഉണരുമ്പോ പറയാൻ കഴിയുന്നു അതെല്ലാം ശരീരത്തിന്റെ ഉള്ളിലാണ് നടന്നതാണ് അങ്ങനെയാണെങ്കിൽ ഈ ജാഗ്രത്തിൽ നിന്ന് ഉണർന്നാൽ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ചും അങ്ങനെ പറഞ്ഞുകൂടാ ഇതും ശരീരത്തിൻ്റെ ഉള്ളിലാണ് നടന്നത് എന്നെന്തുകൊണ്ട് പറയാൻ വയ്യ ശരീരത്തിൻ്റെ ഉള്ളിലെങ്ങനെ നടക്കും സ്വപ്നം എങ്ങനെയാണ് ശരീരത്തിൻ്റെ ഉള്ളിൽ നടന്നത് വാസ്തവത്തിൽ സ്വപ്നവും ശരീരത്തിൻ്റെ ഉള്ളിലല്ല നടന്നത് സ്വപ്നത്തിലെ ബോധം സൃഷ്ടിച്ച ശരീരം ആ ശരീരത്തിന്റെ പുറത്താണ് നമ്മൾ കാഴ്ചകൾ കണ്ടത് ആ ശരീരത്തിനുള്ളിലിരുന്ന മനസ്സാണ് അവിടെ ദഷ്ടാവായത് അപ്പൊ അവിടെ അഹവും പറവും സൃഷ്ടിച്ചെന്താണ് സ്വപ്ന ബോധം ആ ബോധത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ച ഉണർന്നപ്പോ ഇല്ല എന്തുകൊണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ ഈ ബോധം തന്നെയാണ് അവിടെ ഉണ്ടായത് അല്ലെങ്കിൽ പറഞ്ഞല്ലേ സ്വപ്നം കണ്ടത് അവനാണ് മറ്റവനാണെന്ന് പറഞ്ഞത് അത് പറയാൻ കഴിയുന്ന വൈജാഗ്രത് ബോധം ഇത് തന്നെയാണ് സ്വപ്നത്തിനുണ്ടായത് ഈ ബോധം തന്നെയാണ് അവിടെ അകവും പുറവും സൃഷ്ടിച്ചത് അതിനൊരു അതിരായിട്ടാണ് ശരീരത്തെ സൃഷ്ടിച്ചത് എന്നിട്ട് ശരീരത്തിന്റെ ഉള്ളിൽ ശരീരത്തിന്റെ പുറത്ത് എന്ന് പറയുന്നു എന്തു പറയുന്നു ശരീരത്തിന്റെ ഉള്ളിൽ ചിത്തം ശരീരത്തിന്റെ പുറത്ത് പ്രപഞ്ചം അങ്ങനെ പറയുന്നു ശരീരത്തിന്റെ ഉള്ളിൽ ചിത്തം ശരീരത്തിന്റെ ഉള്ളിൽ പ്രപഞ്ചം എന്ന് പറഞ്ഞ ആരാണ് ആ ബോധമാണ് സ്വപ്നബോധമാണ് ആ സ്വപ്നബോധം തന്നെയാണ് ഇവിടെയിരിക്കുന്നത് ഈ ബോധം തന്നെയാണ് അവിടെ ശരീരത്തിന്റെ ഉള്ളിലും ശരീരത്തിന്റെ പുറത്തും വസ്തുക്കളെ സൃഷ്ടിച്ചത് ശരീരം അവിടെ ഒരു സ്വപ്നത്തിൽ സർവ്വ സംഭവിച്ചവിടെ ബോധത്തിൽ തന്നെ ശരീരത്തിന്റെ ഉള്ളിലാണ് മറിച്ച് സ്വപ്നം സൃഷ്ടിച്ചാൽ ശരീരം ആ ശരീരത്തിന്റെ ഉള്ളിലും പുറമെയുമായി സ്വപ്നം കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ബോധം തന്നെ ഇവിടെയും നിൽക്കുന്നെങ്കിൽ ഇവിടുത്തെ കാഴ്ചക്കും മാറ്റമൊന്നും വരാൻ വഴിയില്ലെങ്കിൽ ബോധം മാറുന്നു ഇവിടെ അപവാസ്തവത്തിൽ എന്താ സംഭവിക്കുന്നത് ഈ ബോധം ശരീരത്തെ സൃഷ്ടിച്ച് അതിനുള്ളും പുറവും കൽപ്പിച്ച് അവിടെ ദൃശ്യങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വേറെ എന്ന് പറയണമെങ്കിൽ അതായത് സ്വപ്നം പോലെയല്ല ഇത് വേറെയാണെന്ന് പറയണമെങ്കിൽ അവിടെ ഇവിടെ രണ്ട് ബോധം പ്രവർത്തിക്കണം അവിടെ ഇവിടെ രണ്ടു ബോധം പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ ഞാൻ നീ എന്നറിയണം ഉണർന്നിരിക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടത് നീ എന്നറിയണം അങ്ങനെയല്ല നമ്മളറിയണം സ്വപ്നം കണ്ടത് ഞാൻ ഉണർന്നിരിക്കുന്നത് ഞാൻ അതുകൊണ്ട് സംഭമായ ചുരുങ്ങിയ ആ ദേശത്തിന്റെ ഉള്ളിൽ ഇതൊക്കെ സംഭവിക്കുന്നു എന്ന് കരുതുന്നതിനും നല്ലത് എന്താണോ ബോധം സൃഷ്ടിച്ച ദേശം അത് ഉള്ളിൽ സമ്മൃദ്ധമായ ഇടുങ്ങിയൊരു ദേശം ശരീരം അതിനമ്മളൊരു പരിമിതി കൽപ്പിക്കുന്നു പുറമെ വിശാലമായ ദേശം എന്നും ബോധത്തിന്റെ സൃഷ്ടിയാണ് അതിന്റെ സമ്മർദ്ദത്വവും ആ വിശാലതയും എല്ലാം സ്വപ്നത്തിൽ ബോധത്തിന് സൃഷ്ടിക്കാമെങ്കിൽ അതേ ബോധം തന്നെയാണ് ജാഗ്രതയും പ്രവർത്തിക്കുന്നതെങ്കിൽ അതേ ബോധം തന്നെയാണ് ഇതെല്ലാം ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് പറയാൻ കഴിയും രണ്ടും ഒരേ ബോധമാണെങ്കിൽ എങ്ങനെ വ്യത്യാസം വരും അതിനു വേണ്ടിയിട്ട് നമ്മളെ അത് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുകയാണ് കായസ്യ അന്തർ നിദർശന ശരീരത്തിന്റെ ഉള്ളിലായിട്ട് നമ്മൾ അവിടെ അനുഭവപ്പെട്ടു അത് ഉണരുമ്പം ബോധ്യപ്പെടുന്ന കാര്യമാണ് കൂടുതൽ ചിന്തിക്കാതെ നമുക്ക് ആർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് സ്വപ്നം നിങ്ങളെവിടെ കണ്ടു ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ പുറമേ അല്ല വാസീ ശരീരമല്ല സ്വപ്നത്തിൽ ശരീരം വേറെയാണ് സ്വപ്ന ശരീരമാണ് കാരണം സ്വപ്നത്തിൽ യുവാവും വൃദ്ധനാകാം വൃദ്ധൻ യുവാവാകാം ശരീരം മാറുന്നു എന്തായാലും അവിടെ ആ ശരീരത്തിൻ്റെ ആ ശരീരത്തെങ്ങനെ അനുഭവപ്പെട്ടാലും ഉണർന്നതിന് ശേഷം പറയുന്നു കാരണം ആ ബോധം സ്വപ്നത്തിലുണ്ടായിരുന്ന ബോധം ഉണർന്നു കഴിഞ്ഞപ്പോൾ ഈ ശരീരത്തിനോട് ചേരാം ഈ ഉണർന്നിരിക്കുന്ന ബോധം സൃഷ്ടിച്ച ശരീരത്തിനോട് ചേരാം ഉണർന്നിരിക്കുമ്പോൾ പിന്നെ ഈ ശരീരത്തെക്കുറിച്ചുള്ള ബോധം വേണം അതുകൊണ്ട് പറയുന്നു ഈ ശരീരത്തിന്റെ ഉള്ളിൽ കണ്ടു സ്വപ്നത്തിൽ അതാണെങ്കിൽ പറയുന്നു സമ്പ്രദായ അശ്വിൻ പ്രദേശി ഭൂതാനാം ദർശനം കൂട്ട ഈ അനന്ത വിശാലമായിരിക്കുന്ന സൂര്യനും ചന്ദ്രനുമെല്ലാം ഉൾപ്പെട്ടിരിക്കുന്ന ഈ അണ്ടകടാഹങ്ങൾ ഇതെങ്ങനെ ഈ ചെറിയ ശരീരത്തിന്റെ ഉള്ളിൽ അനുഭവപ്പെടും ഇത് രണ്ടും തമ്മിൽ എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ഉള്ളിലല്ല അത് അനുഭവപ്പെട്ടത് ബോധത്തിന്റെ ഉള്ളിലാണ് അനുഭവപ്പെട്ടത് അത് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്വപ്നം പറയുന്നത് സ്വപ്നത്തിൽ അത് ബോധത്തിലാണ് അനുഭവപ്പെട്ടത് എന്ന് ധരിക്കാൻ എളുപ്പമാണ് എന്നാൽ അതുപോലെ എളുപ്പമായി ജാഗ്രത്തിനും ധരിക്കാം എന്താണിത് ബോധത്തിലാണ് അനുഭവപ്പെടുന്നത് അതിന് വിഷയത്തിന്റെ തലത്തിൽ നിന്ന് മാറി ബോധത്തിന്റെ തലത്തിൽ ചിന്തിക്കും ബോധത്തിന്റെ അനന്തമായ വ്യാപ്തി ഈ അനന്തമായ പ്രപഞ്ചത്തെ ഉൾക്കൊണ്ടിരിക്കുന്നു അതിനന്ത അതിനൊരു സീമ പറയാനില്ല ബോധം ഇത്രമാത്രമുണ്ട് അതുകൊണ്ടെന്ത് ചെയ്യുന്നു പ്രപഞ്ചം ഈ ബ്രഹ്മാണ്ടം നമുക്ക് അനന്തമായി അനുഭവപ്പെടും ോധം അനന്തമായതുകൊണ്ട് അതിനുള്ളിലാണ് അനുഭവപ്പെടുന്നത് അല്ലാതെ ഈ സമൃദ്ധമായ ഈ ചുരുങ്ങിയ ഈ ശരീരത്തിന്റെ ഉള്ളിലല്ല ഇത് അനുഭവപ്പെടുന്നത് ഇന്ദ്രിയങ്ങളും മറ്റും പ്രവർത്തിക്കുന്നതിന് വേണ്ടി ശരീരത്തെ ആശ്രയിക്കുന്ന മാത്രമേ ഉള്ളൂ ബോധത്തിന്റെ സ്ഫുരണം ഒരിക്കലും ഈ ശരീരത്തെ ആശ്രയിച്ചിട്ടല്ല ഈ ശരീരത്തെ ആശ്രയിച്ചിട്ടായിരുന്നെങ്കിൽ നമുക്ക് സ്വപ്നം ഉണ്ടാകത്തില്ലായിരുന്നു കാരണം സ്വപ്നത്തിൽ ഈ ശരീരത്തെ ആശ്രയിച്ചല്ല ഉണ്ടായത് സ്വപ്നത്തിൽ ശരീരം തന്നെ മാറി അവിടെയും ഈ വിശാലമായ പ്രപഞ്ചം ഉണ്ടായിരുന്നു അവനോട് പറയും എന്താണോ ഈ വിരാട് ബോധം എന്ന് പറയാം വിരാട് ബോധം എന്ന് പറയുന്നത് നമ്മളീ ബോധം ഈ ശരീരത്തെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് ഈ വഷഷ്ടി ശരീരത്തിൽ ഈ ശരീരത്തെ ആശ്രയിച്ചിട്ടാണ് ബോധം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് നമ്മൾ അതിനെ ചുരുക്കി ചുരുക്കി നമ്മൾ പറയും അത് നമ്മുടെ ഹൃദയത്തെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നു എന്നെല്ലാം പറയും അത് നമ്മൾ ചിന്തകൊണ്ട് അതിനെ സങ്കുചിതമാക്കിയിട്ടാണ് അതാണ് വസ്ത്രനിഷ്ഠമായ ചിന്തയെന്ന് പറയുന്നത് ോധത്തെ നമ്മൾ ചുരുക്കി ചുരുക്കി നമ്മുടെ കളിച്ചോറിൽ കൊണ്ടു വയ്ക്കും അപ്പം അതിൻ്റെ കേന്ദ്രം അതാണ് എന്ന് കരുതുന്നു അതെന്താണ് വളരെ അല്പമായ ഒരു ക്ണ്ടം മാത്രമാണ് അതിനെ ആശ്രയിച്ചാണ് ഇത് പ്രവർത്തിച്ചിരുന്നതെങ്കിൽ സ്വപ്നത്തിനതെങ്ങനെ പ്രവർത്തിക്കും അവിടെ ശരീരം ആയിരുന്നുണ്ടല്ലോ അവിടെ ഈ കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടത് അപ്പോ ബോധം അനന്തമായ വ്യാപ്തി ഉള്ളതാണ് അതിലിതുപോലെ അനേക ശരീരങ്ങളുണ്ടാകാം അനേക ശരീരങ്ങൾ അതിൽ ഉയരുകയും അപ്രത്യക്ഷമായും ചെയ്തു അതുകൊണ്ടാണ് അതിനെ വിരാട് ബോധം എന്ന് പറയുന്നത് അപ്പൊ ആ വിരാട് ബോധത്തിലാണ് ഈ ജാഗ്രത് പ്രപഞ്ചം നിലനിൽക്കുന്നത് മറിച്ച് വളരെ സമൃദ്ധമായി ചുരുങ്ങി ഈ ശരീരത്തെ ആശ്രയിച്ചല്ല ഈ ശരീരത്തെ ആശ്രയിച്ച് ഈ പ്രപഞ്ചത്തിന് നിലനിൽക്കാൻ കഴിയത്തില്ല ഈ പ്രപഞ്ചത്തിന് നിലനിൽക്കണമെങ്കിൽ ആ പ്രപഞ്ചത്തെക്കാൾ വ്യാപ്തമായ ഒന്നിനെ നിലനിൽക്കാൻ പറ്റും ആ പ്രപഞ്ചത്തെക്കാൾ വ്യാപ്തമായിരിക്കുന്നത് പ്രപഞ്ചത്തെ ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒന്നിനെ പറ്റുമത് അതാണ് ഇവിടെ പറയുന്ന ചിത്രം നമ്മള് ചോദിക്കുന്നു സമൃതെ അസ്മിൻ പ്രദേശേ സമൃതമായിരിക്കുന്ന ഈ പ്രദേശത്ത് ഭൂതാനം ദർശനം ഈ കാണുന്ന പ്രപഞ്ചം അതിന്റെ എങ്ങനെ ഉണ്ടാവും അത് സാധ്യമല്ല നേരെ തിരിച്ചാ സംഭവിക്കുന്നു അനന്തവ്യാപ്തിയുള്ള ഈ ബോധത്തിൽ ഇതുപോലെ അനന്ത ശരീരങ്ങൾ കാണും അതിന് ദൃഷ്ടാന്തമായിട്ടാണ് സ്വപ്നത്തെ പറഞ്ഞത് സ്വപ്നം പോലെ അതുകൊണ്ട് മറിച്ചുള്ള അനുഭവം എന്താണോ ഈ ചുരുങ്ങിയ ശരീരത്തിൽ ബോധം പ്രകാശിക്കുന്നു അതിലൂടെ ബോധം പ്രപഞ്ചത്തെ കാണുന്നു ബാഹ്യമായ പ്രപഞ്ചത്തെ കാണുന്നു എന്നെല്ലാമുള്ള വസ്തുനിഷ്ഠമായ ബോധം അത് ശരിയല്ല മറിച്ച് ആത്മനിഷ്ഠമായ ചിത്തനിഷ്ഠമായ ആ ബോധം അതാണ് ഇവിടെ വിശദീകരിക്കുന്നത് അതാണ് പരമാർത്ഥം സർവേ ധർമ്മ മൃഷാ സ്വപ്നേ ൈനം കൂത്തേ ഭൂതദർശന പ്രപഞ്ചത്തെ എതൈ ശ്ലോക ശ്ലോകങ്ങളെല്ലാം പറയുന്നത് ഇതാണ് നിമിത്തസ്യാനിമിത്തത്വം വിഷയം ബോധത്തിന് കാരണമാണ് വിഷയത്തെ ആശ്രയിച്ച് ബോധമുണ്ടാകുന്നു നശിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല ഭൂതദർശന പരമാർത്ഥ ദർശന നേരത്തെ അതിനെ തുടർന്ന് വരുന്ന അതിന്റെ തന്നെ കൂടുതൽ വിശദീകരണങ്ങളാണിത് പ്രപഞ്ചത്തെ എന്ന് പറഞ്ഞാൽ കൂടുതൽ വിശദീകരിക്കുകയാണ് അതിൽ മുഖ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഭൂതദർശന പരമാർത്ഥദർശന പരമാർത്ഥ ദർശനം എന്ന് പറയുമ്പോൾ ആത്മനിഷ്ഠമായ ദർശനം ബോധനിഷ്ഠമായ കാഴ്ചപ്പാട് ബോധനിഷ്ഠമായ ചിന്ത മനന അവിടെ മനസ്സിലാവുന്നത് എന്താണ് ഈ ബോധം ബോധത്തിന് വേറിട്ട ഒരു വിഷയത്തെ ആശ്രയിച്ചല്ല എന്താണ് കേൾക്കുന്നത് അങ്ങനെയാണ് നമ്മുടെ അനുഭവം എന്താണ് മുമ്പിൽ പുസ്തകം ഇരിക്കുന്നു പുസ്തകത്തെ കുറിച്ചുള്ള അറിവ് വേനയിരിക്കുന്നു നമ്മൾ കരുതുന്നു അത് ശരിയല്ല ആ നമ്മുടെ അറിവിൽ പുസ്തകവും വേനയും എല്ലാം മാറി മാറി പ്രത്യക്ഷപ്പെടുന്നുണ്ട് ശരി തന്നെയാണ് പക്ഷേ അറിവിൽ നിന്ന് വേറിട്ട് സ്വതന്ത്രമായി നിലനിൽക്കുന്ന ഓരോ പദാർത്ഥങ്ങളെ കുറിച്ചുള്ള അറിവെല്ലാം ഉണ്ടാകുന്നു മറിവിൽ ഇതെല്ലാം മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു സ്വപ്നം പോലെ അതാണ് ഇവിടെ വിശദീകരിക്കുന്നത് प्रदे देशे നുക്തം ദർശനം ഗ്രാമസാനിയോ പ്രതിബുദ്ധ कालो नियतो തസ്േ ജാഗ്രതമോ यह പ്രമാണത അനിയമാ നിയമസ്യ അഭാവാ സ്വപ്ന ദേശാന്തര ഗമനം ഇത്യർത്ഥ ഇതൊന്നും ചർച്ച ചെയ്യാം ഇന്ന് പറഞ്ഞ ആശയത്തെ തന്നെ വിശദീകരിക്കുകയാണ് ഇവിടെ നമ്മൾ ധരിക്കുന്ന എന്താണ് ഇവിടെ കാലദേശങ്ങൾക്ക് നിയമമുണ്ട് കാലത്തിന്റെ നിയമം എന്താണ് ഇന്നലെ ഇന്ന് നാളെ ഇതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നു ഇന്നലത്തെ ബാക്കിയാണ് ഇന്ന് ഇതിന്റെ ബാക്കി നാളെ കാലത്തിനൊരു നൈരം തരും ഇവിടെ ഉണ്ടെന്നാണ് കരുതുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ജാഗ്രത്തിലിരുന്നു കൊണ്ട് പൂർവ്വ ജാഗ്രതകളെ യോജിപ്പിച്ച് വരാൻ പോകുന്ന ജാഗ്രതകളെയും ഇതിനോട് ചേർത്ത് വെച്ചിട്ട് ചിന്തിക്കുമ്പോ ഇവിടെ ഇന്നലെ ഇന്ന് നാളെ ഈ ജാഗ്രത്തിലുണ്ടെന്നാണ് ആ ജാഗ്രത്തിന്റെ ഒരു ഭാഗമായി നമ്മൾ സ്വപ്നത്തെയും സുഷ്ടിയെല്ലാം കാണും സ്വപ്നത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴോ അവിടെ കാലത്തിന് നിയമം ഇല്ല എന്ന് പറയും നയുക്തം नियतो, ജാഗ്രതയും ഗത്യാഗമനകാലവും നിയത്വും ദേശ പ്രമാണത സ്വപ്നത്തിനങ്ങനെ പറയാൻ കഴിയുന്നില്ല എന്നാണ് സ്വപ്നത്തിൽ വേറൊരു സ്ഥലത്ത് പോയി ഒരു കാഴ്ച കാണുന്നു സ്വപ്നത്തിൽ लेगी, പോയി അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു ജാഗ്രതയിലേക്ക് വരുമ്പോഴോ പോയ സ്ഥലത്തല്ല എവിടെ നിന്നാണോ കാഴ്ചകൾ കണ്ടോ അവിടെയല്ല ഇവിടെയാണോ ജാഗ്രതങ്ങനെയാണ് കാശിയിൽ പോയി കാഴ്ച കണ്ടാൽ അവിടെ നിൽക്കാൻ പറ്റുന്നു ഇവിടെ അങ്ങനെയല്ല സ്വപ്നത്തിനങ്ങനുണ്ട് ദൂരദേശത്ത് പോയി കാഴ്ചകൾ കണ്ടിട്ട് അവിടെ നിൽക്കാൻ പറ്റത്തില്ല കാഴ്ച കാണാൻ പറ്റും ഉണരുമ്പോ എവിടെയാണോ ഉറങ്ങിയത് ആ സ്ഥലത്ത് തന്നെ ഇതാണ് നമ്മൾ വ്യത്യാസം പറയുന്നത് അനെന്ത് പറയുന്നു കാലദേശങ്ങൾക്ക് അവിടെ നിയമമില്ലാത്തതുകൊണ്ട് അവിടെ നമ്മൾ മറ്റൊരു ദേശത്ത് പോയെങ്കിലും അവിടെ നിൽക്കാൻ കഴിയുന്നുണ്ട് പ്രതിബുദ്ധസ്റ്റ വഴി സർവഹ കസ്മിൻ അവൻ എത്തിച്ചേർന്ന ദേശത്ത് നിൽക്കുന്നില്ല അതാണ് വ്യത്യാസം ഇവിടെ പറയുന്നതിന് താല്പര്യം എന്താണോ ഇതെല്ലാം ജാഗ്രത്തിലിരുന്നു കൽപ്പനയാണ് ശരിയാണ് ഓരോക്കത്തും സ്വപ്നം കണ്ടു സ്വപ്നത്തിൽ യാത്ര ചെയ്തു മറ്റൊരു ദേശത്തിലെത്തി സ്വപ്നത്തിൽ അവനൊന്നും മാറ്റമുണ്ട് സ്വപ്നത്തിൽ മറ്റൊരു ദേശത്തിലെത്തിയാൽ അവനവിടെ ഉറങ്ങാം അവിടെ ഉണരാം അവിടെ ഉണരാം അതെല്ലാം സ്വപ്നത്തിൽ സംഭവിക്കാം മാറ്റം സംഭവിക്കുന്ന ഇപ്പോൾ സ്വപ്നത്തിനൊന്ന് ജാഗ്രതയിലേക്ക് വരുമ്പോഴാണ് ആ സമയത്ത് മാത്രമേ ആ മാറ്റം വരുന്നുള്ളൂ അല്ലെങ്കിൽ ഈ ജാഗ്രതയിൽ സംഭവിക്കുന്ന പോലെ തന്നെ സംഭവിക്കാം ജാഗ്രതന്ത് സംഭവിക്കുന്നു കാശിക്ക് പോകുന്നു അവിടെ ഉറങ്ങുന്നു ഉണരുന്നു സ്വപ്നം കാണുന്നു ജാഗ്രത സംഭവിക്കുന്ന ഇത് തന്നെ സ്വപ്നത്തിന് സംഭവിക്കാം പക്ഷേ സ്വപ്നത്തിന് ജാഗ്രതയിലേക്ക് വരുമ്പോ സ്വപ്നത്തിലുണ്ടായിരുന്ന എല്ലാം നഷ്ടപ്പെടുന്നു പറയുന്നു എന്താണോ പ്രതിബുദ്ധ വൈ സർവ തസ്മൻ ദേശീയ വൈദ്യുതി ഞാൻ ഉണർന്നത് ആ സ്വപ്നത്തിൽ പോയ സ്ഥലത്തല്ല എന്ന് പറയുന്നു എന്നിട്ടെന്ത് പറയുന്നു അവിടെ കാലദേശങ്ങൾക്ക് നിയമമില്ലാന്ന് പറയുന്നു അത് ഉണർന്നതിന് ശേഷം പറയുന്നതാണ് സ്വപ്നത്തിൽ അങ്ങനെയല്ല സ്വപ്നം കാണുന്ന സമയത്ത് അവിടെ കാലദേശങ്ങൾക്ക് നിയമമുണ്ട് അതുകൊണ്ടാണ് സ്വപ്നം കാണുന്നവന് കാശിയിൽ പോകാൻ കഴിയുന്നു അവിടെ ഉറങ്ങാൻ കഴിയുന്നു അവിടെ ഉണരാൻ കഴിയുന്നു അവിടെ സ്വപ്നം കാണാൻ കഴിയുന്നു ഉണർന്നു കഴിയുമ്പോൾ അത് ബോധ്യപ്പെടുന്നു കാരണം ഉണർന്നത് സ്വപ്നത്തിൽ കാശിയിലായിരുന്നു കാഴ്ചയിലെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കെ ഉണർന്നു ഉണർന്നപ്പോ വീണ്ടും പഴയ ഇത് ജാഗ്രത സംഭവിക്കുന്നു ജാഗ്രത്തിൽ ഈ കാലദേശങ്ങൾക്ക് നിയമമുണ്ട് എന്ന് കരുതി ഇതെല്ലാം കണ്ടാസ്വദിച്ചിരിക്കുന്നവൻ ഇത് ബോധ്യപ്പെടുകയാണ് ഇത് സത്യമല്ല എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ ആ സമയത്ത് അയാൾക്ക് ഇതും സ്വപ്നം പോലെ തന്നെ ബോധ്യപ്പെടുന്നു എന്താണ് ഇവിടുത്തെ കാലദേശങ്ങൾക്ക് നിയമമൊന്നുമില്ല സ്വപ്നത്തെ എങ്ങനെയാണോ ജാഗ്രത അനുഭവിച്ചിട്ടും ജാഗ്രതയിലേക്ക് വന്നപ്പോൾ അത് സ്വപ്നമാണെന്ന് തിരിച്ചറിഞ്ഞത് എന്നിട്ട് പറഞ്ഞൊന്നാണ് അവിടെ കാലദേശങ്ങൾക്ക് നിയമമില്ലായെന്ന് പറഞ്ഞത് അതുകൊണ്ട് ഈ ജാഗ്രത അനുഭവിച്ചുകൊണ്ടിരിക്കുകയും അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയോ ഒരാൾക്ക് ബോധ്യപ്പെടുകയാണ് എന്താണോ ഇവിടുത്തെ കാലദേശങ്ങൾക്ക് നിയമമൊന്നുമില്ല ഇതും പരമാർത്ഥമല്ല എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ ഇത് സ്വപ്ന ശ്രമം തന്നെ രണ്ടും തമ്മിലും വ്യത്യാസമുണ്ട് അതുകൊണ്ട് ജാഗ്രതും സ്വപ്നവും തമ്മിലുള്ള ആ ഭേദം വളരെ സ്ഥൂലമാണ് അതാണ് ഇവിടെ പറഞ്ഞത് സ്ഥൂലമായൊരു ഭേദമുണ്ട് ആ സ്ഥൂലമായ ഭേദത്തെ കണക്കിലെടുത്തുകൊണ്ടാണ് പറയുന്നത് എന്താണ് ഞാൻ സ്വപ്നം കണ്ടപ്പോ കാശിയിലായിരുന്നു ഉണർന്നപ്പോ ഉറങ്ങിയ സ്ഥാനത്തായി എന്ന് പറയുന്നു അതീ ജാഗ്രത കാലദേശങ്ങളുടെ നിയമങ്ങൾ അസത്യമാണെന്ന് ബോധിക്കാത്തതു ബോധിച്ചു കഴിഞ്ഞാൽ ഇത് സ്വപ്നസമം തന്നെ സ്വപ്നത്തിൽ സംഭവിച്ചതിൽ നിന്നും കൂടുതലായി ഒന്നുകൂടെ സംഭവിക്കുന്നുണ്ട് എന്തുകൊണ്ട് സ്വപ്നത്തിലും അനുഭവവേളയിൽ അവിടെ നിയമങ്ങളുണ്ടായിരുന്നു ജാഗ്രത്തിലും അനുഭവവേളയിൽ ഇവിടെ നിയമങ്ങളുണ്ട് ഇത്രയും അത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്ര ഒരു വ്യത്യാസമുണ്ടെന്ന് പറയുന്നത് നമ്മുടെ ഭാഷകാരൻ കൂടുതൽ വിശദീകരിക്കാത്തത് ചർച്ച ചെയ്തതാണ് യുക്തം ദർശനം ഗ്രാപ്പ പ്രതിബുദ്ധ വൈ സർവസ്േശേന വി സമ്പുദ്ധോ ന അക്കാര്യം തന്നെ വിശദീകരിക്കുകയാണ് രണ്ടു നമ്പറുകൾ വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നെങ്കിലും പരമാർത്ഥത്തിൽ വ്യത്യാസമില്ലാന്ന് കാണിക്കാൻ വേണ്ടി മിത്രാദേഹി സഹ സമ്മന്ത്ര സ്വപ്നത്തിൽ സുഹൃത്തുക്കളെയൊക്കെ കാണുന്നു അവരുമായിട്ട് സംസാരിക്കുന്നു തതേവ മന്ത്രണം ആ ഇടപാടുകളെല്ലാം പ്രതിബുദ്ധോന് പ്രതിബുദ്ധി ഓണന്നോ ഒന്നും കാണുന്നില്ല സ്വപ്നത്തിന് സംസാരം ഓണന്നതിന് നമ്മൾ സ്വപ്നത്തിൽ സംസാരിച്ചില്ല എന്ന് ചോദിച്ചാൽ ആരും സ്വപ്നത്തിൽ താനും താൻ തന്നെ സൃഷ്ടിച്ച മിത്രങ്ങളുമായിരുന്നു അവരുമായിട്ടുള്ള സംഭാഷണം ജാഗ്രത മിത്രങ്ങൾക്കറിയാൻ പറ്റത്തില്ല അങ്ങോട്ട് ജാഗ്രതയുടെ മിത്രങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാൻ പറ്റുന്നില്ല അവിടുത്തെ താലദേശങ്ങൾ ഭിന്നമായി ജാഗ്രതയിൽ വിജയിക്കുന്നു ഈ കാലദേശങ്ങളായിരുന്നില്ല അവിടെ എന്ന് അതുകൊണ്ട് ഉണർന്നവന് അതൊന്നും ഗ്രഹിക്കാൻ കഴിയുന്നില്ല ഗ്രഹീതാദിനോദി സ്വപ്നത്തിലായ സമ്പാദിച്ചു പിരണ്യാദി സ്വപ്നത്തിൽ ലോട്ടറി അടിച്ചു ജാഗ്രത ഒന്നു പോയില്ല വീണ്ടും നിസ്സനായി ദരി സ്വപ്നത്തിൽ സമ്പാദിച്ച ഒന്നും ജാഗ്രത വരുന്നില്ല പ്രാർത്ഥന മതി എന്തുകൊണ്ടത് അസത്യമായതുകൊണ്ട് അതുകൊണ്ടാണത് അസത്യമാണെന്ന് ബോധിക്കുന്നത് നേരത്തെ പറഞ്ഞു അതിന്റെ സപ്രയോജനത അതിവിടെ തുടരുന്നില്ല അദർശന ദേശാന്തരം കച്ചതി അതുകൊണ്ട് എന്നെ ഉറപ്പിക്കാൻ ദേശാന്തരത്തിൽ പോകുന്നില്ല സ്വപ്നത്തിൽ പോകുന്നത് സ്വപ്നത്തിലെ ദേശത്തിലാണ് ജാഗ്രതയിലെ ദേശത്തിൽ പോകുന്നില്ല എന്നു സ്വപ്നത്തിൽ നേടിയത് സ്വപ്നത്തിലെ ധനമാണ് ജാഗ്രതയിലെ ധനമെന്താ അതുകൊണ്ടാദ്യം സ്വപ്നം അവിടെ കാലദേശങ്ങളിൽ അവ്യവസ്ഥിതമാണ് അനുഭവം പാടെ അസത്യമാണെന്ന് ബോധിക്കുന്നു അത് എന്ന സമമാണ് ജാഗ്രത എന്ന് അടുത്ത് ബോധിപ്പിക്കുന്നു അതിനുവേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് മിത്രാദ്യ സഹസം മന്ത്രിയാ പ്രതിബുദ്ധോ നശ്യത്തി സ്വപ്നക്കാ ചിത്തദൃശ്യവസ്തുകം സ്വപ്ന ദൃശ്യത്തെ അന്യപദേശസ്ഥർശന സ്വപ്നത്തിൽ അവ സഞ്ചരിക്കുന്നു കാശിയിലേക്ക് നടന്നാ പോയു അടൻ ദൃശ്യത്തെ നടന്നു പോ സഞ്ചരിക്കുന്നു ആ ശരീരം അവസ്തുക്കഹ അതവന് ബോധ്യപ്പെടുന്നു ഉണരുമ്പോൾ അത് അസത്യമാണ് ഉണരുമ്പോഴേ ബോധ്യപ്പെടുന്നുള്ളൂ അതാണ് ആ സമയത്ത് ബോധ്യപ്പെടുന്നില്ല എന്തുകൊണ്ട് തതു അന്യസ്യ സോപദേശസ്യ പൃഥക്കായാം ദൃശ്യദർശനം അത് ഉണരുമ്പോൾ ആ ഉറങ്ങാൻ കിടന്ന ആ ശരീരം സ്വപ്നങ്ങളുടെ ശരീരം ഉറങ്ങാൻ കിടന്ന ശരീരത്തെ കാണും കാരണം സ്വപ്നത്തിൽ യുവാവായിട്ടാണ് സഞ്ചരിച്ചത് ഉറങ്ങാൻ കിടന്ന വൃദ്ധനാണ് അപ്പൊ വൃദ്ധ ശരീരത്തെ പിന്നീട് കാണുന്നു യഥാ സ്വപ്നദൃശ്യഹ കായു അസൻ ഉണരുമ്പ ബോധ്യപ്പെടുന്നു ഇവിടെ എന്തുകൊണ്ട് ഇത് എല്ലാവർക്കും അനുഭവമുള്ള കാര്യം സ്വപ്നം വാസ്തവുമല്ല ഇവിടെ അത് പറയുന്നത് സ്വപ്നം വാസ്തവം അല്ല എന്ന് ബോധിക്കുന്ന ആ രീതി അത് മനനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ രീതി നമ്മൾക്ക് അറിയില്ല സ്വപ്നം വാസ്തവം അല്ല എന്ന് ചിന്തിക്കാതെ തന്നെ നമുക്ക് പറയാൻ കഴിയും അതാർക്ക് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല മറിച്ച് ജാഗ്രത സത്യമാണെന്ന് നമുക്ക് ചിന്തിക്കാതെ പറയാൻ കഴിയും ചിന്തിച്ച് പറയേണ്ട ആവശ്യം വരുന്നില്ല ചിന്തിക്കാതെ ഈ ജാഗ്രത് സത്യമെന്ന് കരുതിയത് പോലെയാണോ സ്വപ്ന സത്യമെന്ന് അപ്പോ നമ്മൾ കരുതിയത് സ്വപ്ന സത്യമാണെന്ന് കരുതാനും നമുക്ക് ചിന്തിക്കേണ്ടി വന്നില്ല കണ്ടുകൊണ്ടിപ്പോ സത്യം തന്നെ പ്രത്യക്ഷ സത്യം ജാഗ്രതയുടെ അസത്യം എന്ന് പറയാനും ചിന്തിക്കേണ്ടി വന്നില്ല ജാഗ്രതയുടെ ഇത് ചിന്തിക്കാതെ തന്നെ നമ്മൾ സത്യം എന്ന് പറയുന്നു പക്ഷെ ഇത് അസത്യമൊന്നും മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം സ്വപ്നത്തിന് ആ അസത്യത്തെ ചിന്തിച്ച് മനസ്സിലാകണം ചിന്തിക്കാതെ അസത്യം ഒന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അങ്ങനെ മനസ്സിലാക്കുന്നവർക്ക് ഈ ജാഗ്രത അസത്യം ഒന്നും ബോധ്യപ്പെടാത്ത അതുകൊണ്ട് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ് സ്വപ്നത്തിലെ ആ അസത്യത്തെക്കുറിച്ച് ചിന്ത എവിടെയെങ്കിലും ഒരിടത്ത് ദട്ടാൽ അത് ജാഗ്രതും പ്രയോഗിക്കാം അത് ജാഗ്രത പ്രയോഗിക്കുമ്പോൾ ജാഗ്രത സംബന്ധിച്ചും ബോധ്യപ്പെടും കേവലം ബുദ്ധിക്ക് ബോധ്യപ്പെടുകയെങ്കിലും ചെയ്യും എന്താണോ ഇതും ചിന്തിച്ചു കഴിഞ്ഞാൽ സത്യമല്ല എന്ന് മനസ്സിലാകും സ്വപ്നം പോലെ അത് ചിന്തിക്കാതെ സത്യമെന്ന് ഗ്രഹിച്ചു പിന്നീടത് ചിന്തിക്കാതെ തന്നെ അസത്യമെന്ന് ബോധ്യപ്പെട്ടു അതെങ്ങനെ അസത്യമാകുന്നു എന്ന് ചിന്തിക്കുമ്പോ ജാഗ്രതമായി അതിന് വ്യത്യാസം വരുന്നു അത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് ജാഗ്രത സംഭവിക്കുന്നത് എന്ന് ഇത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതാണ് യഥാസ്വപ്ന ദൃശ്യം എങ്ങനെയാണോ സ്വപ്നദൃശ്യമായ ഈ ശരീരം അസത്തായത് അതിനെക്കുറിച്ച് ചിന്തിക്കുക വെറുതെ സ്വപ്നത്തെ സ്മരിച്ചിട്ടത് അസത്യം എന്ന് പറഞ്ഞാൽ പോരാ അതാർക്കും പറയാൻ കഴിയും തഥ അതുപോലെ സർവം ചിത്തദൃശ്യം അവസ്തുക്കം ജാഗരദേവി ചിത്തദൃശ്യത്വ അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത് നമുക്കറിയാവുന്ന കാര്യം തന്നെ നമ്മളോട് പറയുന്നു അതുപോലെ സർവം ചിത്തദൃശ്യം അവസ്തുകം അത് ചിത്തദൃശ്യമായതുകൊണ്ടാണ് അത് അസത്തായത് അങ്ങനെയാണെങ്കിൽ ഈ കാണുന്നതും ജാഗരിദേവി ഉണർന്നിരിക്കുമ്പോഴും കാണുന്ന സർവചിത്തദൃശ്യങ്ങളും അവം പരമാർത്ഥമല്ല സ്വപ്നസമത്വ അസത് ജാഗരിതമപി ഇതി പ്രകടണാർത്ഥ ഈ സന്ദർഭത്തിൽ ഈ സ്വപ്നത്തെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്തത് ഇത് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കേവലമായ സ്മരണ അതിനൊരു സ്മരണയിൽ ഒതുക്കാതെ അതിനെ ജാഗ്രത ചർച്ച ചെയ്യും ചിന്തിക്കണം എന്തുകൊണ്ടത് അങ്ങനെ സംഭവിച്ചു ഇപ്പൊ മനസ്സിലാവും സ്വപ്ന സമത്വാതിലും സ്വപ്ന സമം തന്നെ അതിനെക്കുറിച്ച് നമുക്ക് എങ്ങനെ ചിന്തിക്കാൻ കഴിയുമോ അതുപോലെ ഇതിനെക്കുറിച്ചും ചിന്തിക്കാം രണ്ടും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലെന്ന് ബോധപ്പെടും അപ്പോ അസത് ജാഗ്രതമബി ഈ കാണുന്ന ജാഗ്രതും അസത്ത് തന്നെയാണ് അതാണ് ഈ വരുന്ന ഈ പ്രകടനത്തിന്റെ താൽപ്പര്യം അതുകൊണ്ടാണ് ഇത് വൈദഗ്ധ്യ പ്രകടനത്തിൽ ചർച്ച ചെയ്ത കാര്യം തന്നെ വീണ്ടും കൂടെ ആവർത്തിക്കുന്നു മനനത്തിലൂടെ ജാഗ്രത അസത്താണെന്ന് ബോധ്യപ്പെടാം അതുകൊണ്ട് പറയും എന്താണോ സ്വപ്നം നല്ലൊരു ദൃഷ്ടാന്തമാണ് നമുക്ക് ചിന്തിക്കണമെങ്കിൽ ഒരു ഉദാഹരണം വെച്ച് ചിന്തിക്കാൻ ഈ അനുഭവം പരമാർത്ഥമല്ല എന്ന് ബോധിക്കുന്നതിനുള്ള ഒരു ദൃഷ്ടാന്തമാണ് ഇത് സ്വപ്നമാണെന്നൊന്നും പറയുന്നു ഇത് സ്വപ്നം പോലെ ഒരു അനുഭവമെന്നേ പറയുന്നു സ്വപ്നം പോലെ എന്ന് പറയുമ്പോൾ എന്താണ് ആ സാദൃശ്യം സ്വപ്നത്തിലെ അവസ്തുത്വം ആ പരമാർത്ഥത അതിവിടെയുമുണ്ട് ഇത് സ്വപ്നം പറഞ്ഞാൽ വീണ്ടും പരിഹസിക്കും എന്തുകൊണ്ട് ജാഗ്രതയായി അനുഭവപ്പെടുന്നു ഇതിന് സ്വപ്നം എന്നങ്ങനെ പറയാൻ പറ്റും ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം രണ്ടിനുള്ള സമാനത ആദ്യവിടെ നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ പ്രകടനം ചർച്ചതെന്ന് പറയുന്നത് യഥാ കായം ചിത്തദൃശ്യമ വസ്തുക്കം काया प्रथक अन्यस्य कायस्तथा സ്വപ്ന ചാവസ്തുക്കാ പൃഥക്ശനസ്തൃശ്യമവസ്തുകം